ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയമുള്ളവരെ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാമധ്യായത്തിൽ നിന്നാണല്ലോ ഇന്ന് പഠിക്കുന്നത് അവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാമധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു പട്ടണം തോറും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് സഞ്ചരിച്ചതിനെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത് അവിടെ അനന്തര ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം സഞ്ചരിച്ചു യേശുവിനോടുകൂടെ ഈ യാത്രയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു പന്തിരുവരവൻ്റെ കൂടെ ഉണ്ടായിരുന്നു പന്ത്രണ്ട് ശിഷ്യന്മാരവൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതുകൂടാതെ താന് വ്യാധികളെ നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീകളിലെ മൂന്ന് പേരുടെ പേര് പറയുന്നുണ്ട് സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും ഏഴു ഭൂതങ്ങൾ വിട്ടുപോയ മഗ്നലക്കാരത്തെ മറിയും ഹേരോദാവിൻ്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നെയും ശൂശന്നെയും പിന്നെ തങ്ങളുടെ വസ്തുവ കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു നോക്കുക ഇത് ഒന്നാം നൂറ്റാണ്ടിലല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ കാലഘട്ടത്തിൽ ഇത് കുറച്ച് സ്വാഭാവികമല്ലാതെ തോന്നുന്ന ഒരു പ്രവർത്തന രീതിയാണ് അതായത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ ആ നിലയിൽ ശുശ്രൂഷയിൽ കൂടെ കൊണ്ടുപോകുന്ന പതിവില്ല സ്ത്രീകളെക്കുറിച്ച് വിവേചനാത്മകമായ ചില കാഴ്ചപ്പാടുകൾ വെച്ച് ഒരു സമൂഹമായിരുന്നു യഹൂദന്മാർ യഹൂദന്മാർ പൊതുവെ അവർക്ക് പല മുൻവിധികൾ പലരെക്കുറിച്ച് പലതരത്തിലുള്ള വിവേചനങ്ങൾ ഇതൊക്കെ അവർക്കുണ്ടായിരുന്നു യഹൂദന്മാർ രാവിലെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ചില കാര്യങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അതിൽ ഒന്നാമത് ദൈവത്തിന് നന്ദി പറയുന്ന ദൈവമേ എന്നെ നീ ഒരു ജാതീയനായിട്ട് സൃഷ്ടിക്കഞ്ഞതിനായിട്ട് നന്ദി എന്നാണ് ഒന്നാമത് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താ യഹൂദനായിട്ട് സൃഷ്ടിച്ചതിനായിട്ട് നന്ദി അതുപോലെ തന്നെ ജാതീയനായിട്ട് ഒരു ജാതീയനായിട്ട് എന്നെ സൃഷ്ടിക്കാതിരുന്നതിന് നന്ദി എന്നാണ് ആദ്യം പറയുന്നത് രണ്ടാമത് പറയുന്നത് എന്നെ ഒരു സ്ത്രീയായിട്ട് സൃഷ്ടിക്കാതിരുന്നതിന് നന്ദി യഹൂദൻ്റെ കാഴ്ചപ്പാടിൽ ജാതികളെന്ന് പറയുന്നത് നരകത്തിൻ്റെ തീക്ക് വിറകായിട്ട് ഉപയോഗിക്കേണ്ട ആളുകളാണ് ജാതികളെന്നാണ് അതുപോലെ ജാതികളെ നായ്ക്കൾക്ക് തുല്യമായിട്ട് പരാമർശിക്കാറുണ്ട് നമ്മൾ സുവിശേഷങ്ങൾ കാണുന്നല്ലോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുക ഒരു ജാതീയ സ്ത്രീയുടെ കനാന്യ സ്ത്രീയുടെ ആ നിലയിലുള്ള പ്രാർത്ഥന കേട്ട് അവളുടെ കുഞ്ഞിന് സൗഖ്യം വരുത്തുന്ന രംഗത്താണ് അത് പറയുന്നത് അപ്പോൾ ജാതികളെ നായ്ക്കളോട് ചേർത്ത് പറയുക ജാതികളെ നരകത്തീയെ കെട്ടുപോകാതെ സൂക്ഷിക്കുന്ന വിറകായിട്ട് സങ്കല്പിക്കുക ഇതൊക്കെ കൂടാതെ അവർ പറയുന്നു എന്നെ ഒരു ജാതിയനായിട്ട് സൃഷ്ടിക്കാഞ്ഞതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞ് പ്രാർത്ഥന തുടങ്ങുന്നു അതുപോലെ തന്നെ രണ്ടാമത് അവർ പറയുന്നത് എന്താ ഒരു സ്ത്രീയായിട്ട് അത് യഹൂദാ ഒരു സ്ത്രീ ആയാലും സ്ത്രീയായിട്ട് എന്നെ സൃഷ്ടിച്ചില്ലല്ലോ അതുകൊണ്ട് നന്ദി എന്ന് പറഞ്ഞാണ് അവരവരുടെ പ്രാർത്ഥന ആരംഭിക്കുന്നത് നോക്കുക അപ്പോൾ അത്രത്തോളം മറ്റുള്ളവരെക്കുറിച്ചും സ്ത്രീകളെക്കുറിച്ചും വിവേചനം വെച്ച് പുലർത്തിയിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ നമ്മൾ യഹൂദന്മാരുടെ ഇടയിലെ മതമേധാവികളായ പുരോഹിതന്മാരാകട്ടെ അല്ലെങ്കിൽ പരീശന്മാരാകട്ടെ ശാസ്ത്രിമാരാകട്ടെ അവരൊന്നും സ്ത്രീകളെ തങ്ങളുടെ ശുശ്രൂഷയിലെ കൂടെ കൊണ്ട് നടക്കുകയില്ല അവരെക്കുറിച്ച് അങ്ങനെ ഒരു രീതിയാണ് നിലവിലുള്ള സ്ത്രീകൾ കുറഞ്ഞ ഒരു രണ്ടാം തരം പൗരരായിട്ട് കണ്ടിരുന്ന ഒരു കാലഘട്ടം അതുകൊണ്ടാണ് നമ്മൾ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം നാലാമധ്യായത്തിൽ ഒരു സ്ത്രീയോട് കുടിപ്പാൻ വെള്ളം ചോദിച്ചപ്പോൾ നാലാമധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം നോക്കുക ശബരിയസ്ത്രീ അവനോട് നീ എന്നോട് യഹൂദനാരിയെ ശമരിയക്കാരിയായ കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ അങ്ങനെ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് അവൾക്കറിയേണ്ടത് അതുപോലെ തന്നെ നാലാം അധ്യായത്തിന്റെ അവിടെ നമ്മള് ഇരുപത്തിയേഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ശിഷ്യന്മാര് തിരിച്ചു വരുമ്പം യേശു ആ സ്ത്രീയോട് സംസാരിക്കുകയും അവരാശ്ചര്യപ്പെട്ടു കാരണം എന്താ അന്ന് നിലവിലിരുന്ന സങ്കല്പം സ്ത്രീകള് സംസാരിക്കാനോ ഇടപെടാനോ ആ നിലയില് പരസ്യമായിട്ട് യോഗ്യരല്ല അവരൊരു രണ്ടാം പൗരന്മാരാണ് എന്നാൽ കർത്താവായ യേശു ആ നിലയിലുള്ള വിവേചനം ഒന്നുമില്ല അവിടുന്ന് രക്ഷിക്കപ്പെടുന്ന എല്ലാവരെയും പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ എല്ലാവരെയും ദൈവരാജ്യത്തിൽ ആ നിലയിൽ ഒരേപോലെ കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് കർത്താവിനുണ്ടായിരുന്നത് അതുപോലെ തന്നെ കർത്താവ് സ്ത്രീകളെ അതുകൊണ്ട് അവരോട് വർത്തമാനം പറയുകയും അവരെ കൂടെ കൊണ്ട് നടക്കുകയും ഒക്കെ എന്നുള്ളത് ശരിയാണെങ്കിലും സ്ത്രീകളുമായിട്ട് സംബന്ധിച്ച് ഒരു കാര്യത്തിൽ പോലും കർത്താവിലൊരു ന്യൂനത ഈ പരീഷന്മാർക്കാകട്ടെ ശാസ്ത്രിമാർക്കാകട്ടെ ചൂണ്ടിക്കാണിപ്പാൻ കഴിഞ്ഞില്ല എന്നുള്ളതും കർത്താവ് ഈ കാര്യത്തിൽ എത്ര നിഷ്കളങ്കമായിരുന്നു എത്ര യാതൊരു കുറ്റവും പറയാനില്ലാത്ത നിലയിലാണ് കർത്താവ് അവരോട് ഇടപെട്ടിരുന്നത് എന്നതൊക്കെ വ്യക്തമാക്കുന്നുണ്ട് ക്രൂശീകരണ സമയത്ത് അവർ ഉള്ളതോ ഇല്ലാത്തതോ ഒക്കെയായ കാര്യങ്ങൾ കർത്താവിനെതിരെ ആരോപണങ്ങളായിട്ട് കൊണ്ടുവന്നു പക്ഷെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം പോലും അവർക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കർത്താവ് ഈ കാര്യത്തിൽ പുലർത്തിയിരുന്ന അങ്ങേയറ്റത്തെ നിർമ്മലത സമൂഹത്തിന് പോലും ബോധ്യമായിരുന്നു എന്നതാണ് വ്യക്തമാക്കുന്നത് എന്നാൽ കർത്താവ് അവരെ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നുള്ള നിലയിൽ അവരെ കൂടെ കൊണ്ടുനടക്കുകയും അവരെ ഉത്സാഹിപ്പിക്കുകയും ചെയ്തു ഇവിടെ ഇതാ നമ്മൾക്ക് വളരെ വേഗത്തിൽ ഇതിൻ്റെ അകത്ത് പേര് പറഞ്ഞിരിക്കുന്ന ചില സ്ത്രീകളെ കുറിച്ച് നോക്കാം ഇതിൻ്റെ അകത്ത് നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ സൂസന്ന എന്ന് പറഞ്ഞൊരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു അവളെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുശേഷം എട്ടാമത്തെ മൂന്നാമത്തെ വാക്യത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു പരാമർശം നമ്മൾ കാണുന്നത് എന്നാൽ അവളുടെ പേര് പറയുന്നത് ഇവിടെ മാത്രമാണ് മറ്റെങ്ങും അവളുടെ പേര് പറയുന്നില്ല എന്നാൽ ഒരുപക്ഷേ നമ്മൾ ലൂക്കോസിൻ്റെ സുശേഷം ഇരുപത്തി മൂന്നിൻ്റെ അൻപത് മുതൽ അൻപത്തി വരെയുള്ള വാക്യങ്ങളിൽ സ്ത്രീകൾ കല്ലറയ്ക്കൽ ചെന്ന ആ രംഗമൊക്കെ നമ്മൾ കാണുമ്പോൾ അവിടെ പല സ്ത്രീകളുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഒരുപക്ഷെ സൂസന്നയും ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അവളുടെ പേര് അവിടെ പറയുന്നില്ല താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ രണ്ടാമത് നമ്മൾ കാണുന്നത് ഹേരോദാവിൻ്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നയെക്കുറിച്ചാണ് ഹേരോദാവ് അന്നത്തെ രാജാവുമായിരുന്നു ആ ആ നിലയിലുള്ള ഹേരോദാവിൻ്റെ കാര്യവിചാരകനായിരുന്ന കൂസയുടെ ഭാര്യയാണ് യോഹന്ന ഈ യോഹന്ന യുടെ പേരിന്റെ അർത്ഥം ഗോഡ് ഇസ് ജനറസ് ദൈവം ഔദാര്യവാൻ എന്നായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ഔദാര്യം അവള് കണ്ടെത്തിയിരുന്നു ഈ പറഞ്ഞതുപോലെ വളരെ സമൂഹത്തിൽ അല്ലെങ്കിൽ അധികാരത്തിൽ പ്രാധാന്യമുള്ള കൂസയുടെ ഭാര്യയായിട്ട് പോലും അവള് കർത്താവായി യേശു ക്രിസ്തുവാണ് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ഔദാര്യത്തെ മനസ്സിലാക്കി കർത്താവിനായിട്ട് മുന്നോട്ടു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇവളെ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലിൻ്റെ പ പത്താമത്തെ വാക്യത്തിൽ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ ദൂതരെ കണ്ടുമുട്ടിയ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഇവളെക്കുറിച്ച് പറയുന്നുണ്ട് ആ സ്ത്രീകളുടെ കൂട്ടത്തിലും ഒരുപക്ഷെ സൂസന്നെ ഉണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നിൻ്റെ അൻപത് അൻപത്തി വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കല്ലറയുമായി പോയ സ്ത്രീകളിലും അവിടെ കുറെ പേരുടെ ഏഹ് പരിമളതയിലും പരിമിളതയിലും ഒരുക്കി അവര് ആ കല്ലറ കണ്ട് പിന്നീട് അവിടോട്ട് പോയതായിട്ടൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവിടെ പേര് പറഞ്ഞിട്ടില്ല ആ പേര് പറയാത്ത കൂട്ടത്തിലും ഒരു പക്ഷേ യോഹന്നയും ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷെ സൂസന്നയുടെ പേര് ഇവിടെ മാത്രമേ പറയുന്നുള്ളൂ യോഹന്ന എന്ന് പറയുന്ന ഈ കൂസയുടെ ഭാര്യയുടെ പേര് ഇവിടെ നമ്മൾ കണ്ടതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാമധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇവിടെയും അതുപോലെ തന്നെ ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ പത്തിലും എടുത്ത് പറയുന്നുണ്ട് എന്നാൽ ഇതിൽ ഒന്നാമത് പേര് പറയുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാമധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഒന്നാമത് പേര് പറയുന്ന മഗ്നലക്കാരുത്തി മറിയുടെ പേര് സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു പേരായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അതായത് പുതിയ ഉഴു പുതിയ നിയമത്തില് പന്ത്രണ്ട് വട്ടം സുവിശേഷങ്ങളിൽ മഗ്നലക്കാരി മറിയയുടെ പേര് പറഞ്ഞിട്ടുണ്ട് അവള് മഗ്നലക്കാരി മറിയ എന്ന് പറയുമ്പോൾ ഗലീലയിലെ മഗ്നലിന മീൻപിടുത്ത ഗ്രാമത്തിൽ നിന്ന് വന്നവളാണവൾ ഇവളെക്കുറിച്ച് പൊതുവേയുള്ള ധാരണ അവൾ പാവിനിയായ ഒരു സ്ത്രീയാണ് പിന്നീട് മാനസാന്തരപ്പെട്ട് വന്നു വിഭിചാരണിയായ ഒരു സ്ത്രീയെ പാവിനിയായ ഒരു സ്ത്രീയെ മാനസാന്തരപ്പെട്ടു എന്നൊക്കെയാണ് പൊതുവെ ചിന്തിക്കുന്നത് പക്ഷേ അതിനെ ന്യായീകരിക്കുന്ന ഒരു വാക്ക് പോലും നമുക്ക് ബൈബിളിൽ കാണാനായിട്ടില്ല എന്നാൽ പന്ത്രണ്ട് വട്ടം അവൾ അവളുടെ പേര് പറഞ്ഞിട്ടുണ്ട് അവൾ കർത്താവിനെക്കുറിച്ച് വളരെ സ്നേഹത്തോടെ അടുപ്പത്തോടെ പെരുമാറിയവളാണ് അവൾ അവളുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏഴ് ഭൂതങ്ങൾ കർത്താവ് അവളിൽ നിന്ന് വിട്ടു പോകാൻ ഇടയാക്കിയതിൻ്റെ നന്ദി അവൾക്കുണ്ടായിരുന്നു മർക്കോസിൻ്റെ സുവിശേഷം പതിനാറിൻ്റെ ഒമ്പതിലും നമ്മളത് കാണുന്നുണ്ട് ഇവിടെയും അത് കാണുന്നുണ്ട് ക്രൂശിൻ്റെ ചുവട്ടിൽ വന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽ അവളുണ്ട് മത്തായി ഇരുപത്തേഴിൻ്റെ അമ്പത്താറ് കല്ലറയ്ക്കലുള്ള സ്ത്രീകളുടെ കൂട്ടത്തിൽ അവളുണ്ട് മത്തായി ഇരുപത്തേഴിൻ്റെ ആറ് ഇരുപത്തേഴിൻ്റെ അറുപത്തിയൊന്ന് അതുപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആദ്യം കണ്ടവളും അവളാണ് ോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം മർക്കോസ് പതിനാറ് ഒൻപതിലും നമുക്കത് കാണാനായിട്ട് കഴിയും ഇങ്ങനെ എല്ലാ നിലയിലും അവൾക്ക് കർത്താവിനോട് നന്ദിയുള്ള ഒരു ഹൃദയം സൂക്ഷിച്ചു അതുകൊണ്ട് അവളുടെ കണ്ണുനീരിനു നമ്മൾ യോഹന്നാൻ്റെ സുശേഷം ഇരുപതാം അധ്യായത്തിൽ കാണുന്നുണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആ സ്ത്രീയുടെ കണ്ണുനീരിനു മുമ്പിൽ അതിനെ മറികടന്നു പോകാതെ തന്നെ പിതാവിൻ്റെ അടുത്തേക്ക് കരേറിപ്പോകുന്നതിന് മുമ്പ് വന്ന് ഈ മഗ്നലക്കാരി മറിയെ ആശ്വസിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ചുരുക്കത്തിൽ നോക്കുക കർത്താവ് ആ ഒരു മനോഭാവം സ്ത്രീകള് അവരുടെ കണ്ണുനീര് അവരുടെ ഗൽഗതങ്ങള് അവരുടെ അവർക്ക് തന്നെ സ്നേഹം ഇതിനെ അവഗണിക്കുന്ന ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ ആളായിരുന്നില്ല കർത്താവ് പുരുഷനെന്നാകട്ടെ സ്ത്രീ എന്നാകട്ടെ വ്യത്യാസമില്ലാതെ തനിക്കായിട്ട് തേങ്ങുന്ന ഏതൊരു ഹൃദയത്തെയും ആശ്വസിപ്പിക്കാൻ സദാസമയവും തയ്യാറുള്ള ഒരു കർത്താവായിരുന്നു അവരെ ആ നിലയിൽ വ്യക്തിപരമായിട്ട് സ്നേഹിച്ച് കൂടെ കൊണ്ട് ധൈര്യമുള്ള ഒരാളായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഇന്നും കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ നമ്മളെ ആ നിലയിൽ നമുക്ക് വലിയ പ്രാഗൽഭ്യം നൽകട്ടെ ലൂക്കോസിൻ്റെ സുശേഷം എട്ടാം അധ്യായത്തിൻ്റെ നാല് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഒരു പ്രശസ്തമായ ഉപമ പറയുകയും ആ ഉപമയുടെ പൊരുൾ എന്താണെന്ന് ശിഷ്യന്മാർ ചോദിച്ചതിന് വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നതാണ് നമ്മൾ വായിക്കുന്നത് പ്രിയപ്പെട്ടവർ വിതയ്ക്കുന്നവൻ്റെ ഉപമ എന്ന് പ്രസിദ്ധമായ ഉപമയാണ് കർത്താവിയുടെ പറയുന്നത് നമുക്ക് അറിയാവുന്ന ഉപമയാണ് ഒരാള് വിതയ്ക്കാനായിട്ട് പുറപ്പെട്ടു വിതയ്ക്കുന്നവൻ വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു വഴിയരികിൽ വീണത് പറവജാതി കൊത്തി കളഞ്ഞു മറ്റ് ചിലത് അവിടെ പാറമേൽ വീണു പാറമേൽ വീണ് മുളച്ചു നനവില്ലായ്മയാൽ ഉണങ്ങിപ്പോയി മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു മുള്ളും കൂടെ മുളച്ചു അത് ഞെരിങ്ങി അങ്ങനെ നിൽക്കുന്നു മറ്റു ചിലത് നല്ല നിലത്ത് വീണു നൂറുമേനി ഫലം കൊടുത്തു ഇങ്ങനെയാണ് കർത്താവ് ആ ഉപമ പറഞ്ഞത് ഉടനെ ശിഷ്യന്മാർ ചോദിച്ചു ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു ഉടനെ കർത്താവ് ദൈവിക കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള ഓരോരുത്തരുടെ നിലപാടും ആ ദൈവവചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ എത്ര ഫലം നൽകുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നതുമായ ഉപമയാണ് എന്ന് പറഞ്ഞിട്ട് ഇത് കർത്താവ് പൊരുൾ തിരിച്ചു കൊടുക്കുന്നു അതായത് വിത്തെന്ന് പറയുന്നത് ദൈവവചനമാണ് ദൈവവചനം കേൾക്കുമ്പോൾ ചിലപ്പോ അത് വഴിയരികിൽ വീണതുപോലെയാണ് നമുക്കറിയാമല്ലോ ഇന്ന് ടി വിയിലും അല്ലെങ്കിൽ റേഡിയോയിലും അല്ലെങ്കിൽ വഴിയരികിൽ പരസ്യയോഗത്തിലൊക്കെ ചിലർ പ്രസംഗിക്കുന്നതും അങ്ങനെയൊക്കെ ദൈവവചനം പരസ്യമായിട്ട് ഉദ്ഘോഷിക്കുന്നുണ്ട് എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം അവരത് കേൾക്കുന്നെങ്കിലും അത് കേട്ടാലും അവർക്ക് പ്രയോജനമില്ല കാരണം എന്താ വഴിയരികിൽ വീണത് പറവ വന്നു കൊത്തിക്കൊണ്ട് പോയത് പോലെ അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം നോക്കുക അവര് അവരാ വചനം കേട്ടെങ്കിലും വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കാൻ പിശാജ് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് ആ വചനം എടുത്തു കളയുന്നു അതാണ് വഴിയരികിൽ വീണ ആ നിലയിലുള്ള വ്യാഖ്യാനമായിട്ട് കർത്താവ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ദൈവവചനം കേട്ടു പക്ഷേ ഓ ഇവർക്ക് പണിയൊന്നുമില്ലാതെ ഇങ്ങനെ പ്രസംഗിക്കുന്നതാ അല്ലെങ്കിൽ ഇതൊക്കെ ആരാ ഇങ്ങനെയൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ ശരിയാണോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംശയിച്ച് പിശാജ് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു അവര് രക്ഷിക്കപ്പെടുന്നില്ല രണ്ടാമത്തെ കൂട്ടർ പാറമേലുള്ളവരാണ് അവർ ആ വചനം കേൾക്കുമ്പോൾ സന്തോഷിക്കുന്നു പക്ഷേ അവര് അത് എന്താ അവരെ തൽക്കാലത്തേക്ക് അത് വിശ്വസിക്കുന്നു പക്ഷേ അവര് പരീക്ഷാ സമയത്ത് പിൻവാങ്ങിപ്പോകുന്നു എന്നാണ് എന്നാണ് കാണുന്നത് എന്ന് വെച്ചാൽ അത് നിലനിൽക്കുന്നില്ല അവർക്ക് അപ്പോഴൊരു സന്തോഷമുണ്ടെങ്കിലും അവർ യഥാർത്ഥത്തിൽ അത് സ്വീകരിച്ച് അവരുടെ ജീവിതം പൂർണ്ണമായി ദൈവത്തിന് കൊടുത്ത് ഒരു സഭയിൽ ചേർന്ന് അങ്ങനെ മുന്നോട്ട് പോകുന്നവരല്ല ഈ പാറമേലുള്ളവർ എന്ന് കർത്താവ് അവിടെ അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മൂന്നാമത്തെ കൂട്ടരാര മുള്ളിനിടയിൽ വീണവരാണ് മുള്ളിനിടയിൽ വീണവർ കേൾക്കുന്നു എങ്കിലും അവർക്ക് പൂർണമായിട്ട് ഫലം കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം നാലാമത്തേതോ പൂർണമായിട്ട് ഫലം കൊടുക്കുന്ന നല്ല മണ്ണിൽ വീണവിത്ത് പ്രിയപ്പെട്ടവരെ നാല് തരത്തിലുള്ള വചനത്തോടുള്ള റെസ്പോൺസിനെ കുറിച്ചാണ് കർത്താവ് ഇവിടെ പറഞ്ഞത് ഇതിൽ നമുക്ക് നോക്കാവുന്നത് ഈ നാല് തരം ആളുകൾ ലോകത്തുണ്ട് ഒന്ന് വചനം കേട്ടു പക്ഷെ അത് സ്വീകരിച്ചില്ല പറവ കൊത്തിക്കൊണ്ട് പോയതുപോലെ പിശാചെടുത്തുകൊണ്ട് പോയി രണ്ട് പാറമേൽ വീണതുപോലെ അത് വീണു പക്ഷെ അത് മുളച്ചു വന്നില്ല അത് അതൊന്നും ഒന്ന് പൊടിച്ചു പക്ഷെ അതിന് വേരില്ലാഞ്ഞത് അത് വേണ്ടതുപോലെ മുളച്ചു വന്നില്ല അവരെ വളരെ വേഗത്തിൽ തന്നെ ക്ഷീണിച്ച് പിൻവാങ്ങിപ്പോയി മൂന്നാമത്തെ കൂട്ടർ മുള്ളിനിടയിൽ വീണ വിത്ത് അത് മുളച്ചു വളർന്നു മുന്നോട്ടു പോയി പക്ഷെ അത് പൂർണമായിട്ട് ഫലം കൊടുക്കാൻ കഴിയുന്നില്ല കാര്യമെന്താ മുള്ള അവരെ ഞെരുക്കുന്നു നാലാമത്തേതോ പൂർണ്ണമായിട്ട് ഫലം കൊടുക്കുന്നു പ്രിയപ്പെട്ടവര് നമുക്ക് ഈ നാല് കൂട്ടത്തിൽ എത്ര കൂട്ടര് ഒരു സഭയില് കാണും എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും ആദ്യത്തെ കൂട്ടർ സഭയിൽ കാണുകയില്ല കാര്യമെന്താ അവര് കേട്ടപ്പോൾ തന്നെ ആ വചനം സ്വീകരിച്ചില്ല രണ്ടാമത്തെ കൂട്ടര് പാറമേൽ വീണ ആളുകൾ അവര് വചനം സ്വീകരിച്ചു കൂടി വന്നാൽ ഒരാഴ്ചയോ വല്ലതോ സഭയിലൊന്നും വന്നു കാണും പക്ഷെ അവർക്ക് വേരില്ല അവരെ പരീക്ഷാ സമയത്ത് പിൻവാങ്ങിപ്പോയി അവര് പോയിരുന്ന സഭയിലോ അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ സഭകളിലോ അവർ പോയിരുന്ന മതത്തിൻ്റെ ആളുകളോ വല്ലതും ഭീഷണിപ്പെടുത്തിയപ്പോൾ അവരെ പിൻവാങ്ങിപ്പോയി കാണും അവരെയും സഭയിൽ കാണാനായിട്ടില്ല എന്നാൽ മൂന്നും നാലും തരത്തിലുള്ള ആളുകൾ സഭയിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നാലാമത്തെ തരത്തിൽ ഉള്ളവർ മാത്രമാണ് സഭയിലുള്ളതെന്ന് നല്ല മണ്ണിലുള്ളവർ മാത്രമാണ് നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഫല നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ എന്ന് പതിനഞ്ചാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്ന ആളുകളാണ് സഭയിലുള്ളത് എന്നാണ് നമ്മൾ കരുതുന്നത് എന്നാൽ പതിനാലാമത്തെ വാക്യം നോക്കുക മുള്ളിനിടയിൽ വീണവരെ കുറിച്ചോ അവരും എന്തുണ്ട് അവരും ആ വുള്ളിനിടയിൽ വീണ വിത്തും വളർന്നു അത് ചെടിയായി അത് മുള്ളിനിടയിൽ ഞെരിങ്ങി നിൽക്കുന്നുണ്ട് ഫലമുണ്ട് ചെറിയ തോതിലൊക്കെ ഫലമുണ്ട് പക്ഷെ പൂർണമായിട്ട് ഫലം കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അവർക്ക് പൂർണമായിട്ട് ഫലം കൊടുക്കാൻ കഴിയാത്തത് അതും നമുക്കൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കാരണം സഭയിലുള്ള ആളുകൾ ഈ മൂന്നാമത്തെ തരത്തിലോ നാലാമത്തിലെ തരത്തിലോ ഉള്ളവരാണ് അല്ലെങ്കിൽ നമ്മളിൽ പലരും ഒന്നുകിൽ മുള്ളിനിടയിൽ നിൽക്കുന്ന ആളുകളായിട്ടോ അല്ലെങ്കിൽ നല്ല നിലത്തിൽ ആ നിലയിലോ ക്ഷമയോടെ ഫലം കൊടുക്കുന്നവരോ ആയിരിക്കും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താ നല്ല മണ്ണിൽ വീണ് ആ നിലയിൽ ക്ഷമയോടെ ഫലം കൊടുക്കുന്നവരായിരിക്കണം നൂറു മേനി ഫലം കൊടുക്കുന്നവരായിരിക്കണം ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നാൽ അങ്ങനല്ലാത്തവരും പൂർണമായി ഫലം കൊടുക്കാതെ മുള്ളുകൾക്കിടയിൽപ്പെട്ടാണെങ്കിലും അവിടെ നിപ്പുണ്ട് അതിൻ്റെ അസ്തിത്വം അവിടെ ഉണ്ട് വീണതുപോലെ അത് ഇല്ലാതായി പോയിട്ടില്ല അല്ലെങ്കിൽ വഴിയരിയിൽ വീണതുപോലെ അത് അസ്തിത്വം ഇവിടെ ഇതാ പതിനാലാമത്തെ വാക്യത്തിൽ ഉള്ളവരുടെ പ്രശ്നം അവർ പൂർണ്ണമായി ഫലം കൊടുക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ നമ്മൾ ഒരുപക്ഷെ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പൂർണ്ണമായിട്ട് ഫലം കൊടുക്കാത്തത് എന്നുള്ളതിലേക്ക് വിരല് ചൂണ്ടുന്ന ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അവിടെ പറയുന്നത് മുള്ളുകൾ ഏതൊക്കെയാണെന്നാ പറയുന്നത് ഒന്ന് ചിന്തകൾ ചിന്തകളാലും തനത്താലും സംസാരഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണമായി ഫലം കൊടുക്കാത്തവരത്ര അവിടെ ഒന്നാമത്തെ കാര്യം ചിന്തകൾ എന്ന് പറഞ്ഞാൽ ആശങ്കകളാണ് ആൻസൈറ്റി എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ അവിടെ കാണുന്നത് അനാവശ്യമായ ആശങ്കകൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഫലം കൊടുക്കാൻ കഴിയാതെ പോകും രണ്ടെന്ന് പറയുന്നത് ധനമധനമെന്ന് പറഞ്ഞാൽ ധനത്തിന് എപ്പോഴും ഒരു വഞ്ചനയുണ്ട് നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ധനം വേണം എന്നാൽ അതിനോട് നമുക്കൊരു താല്പര്യമായി അങ്ങനെ ധനത്താൽ വഞ്ചിക്കപ്പെട്ടു പോയാൽ അതൊരു മുള്ളായിരിക്കും നമുക്ക് പൂർണ്ണമായിട്ട് കർത്താവിന് ഫലം കൊടുക്കാൻ കഴിയാതെ പോകും മൂന്നാമത്തേത് സംസാരഭോഗങ്ങളാണ് സംസാരഭോഗങ്ങൾ എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ നമ്മൾ നോക്കുമ്പോൾ പ്ലഷേഴ്സ് ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ ഈ ലോകത്തിലെ പലതരത്തിലുള്ള സുഖങ്ങൾ പലതരത്തില് വിശ്വാസികളെ സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നമ്മൾ ആ കാര്യത്തിൽ ജാഗ്രതയുള്ളവരല്ലെങ്കിൽ നമ്മൾ അങ്ങനെ സംസാരഭോഗങ്ങളിലേക്ക് നമ്മുടെ ഹൃദയം വഴുതി വീണാൽ എന്തു പറ്റും ഈ വിത്ത് ഞെരുങ്ങിപ്പോകും നമുക്ക് പൂർണ്ണമായും ഫലം കൊടുക്കാൻ കഴിയാതെ പോകും കണ്ടോ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ആൻസൈറ്റിസ് രണ്ട് റിച്ച്നസ് മൂന്ന് പ്ലഷേഴ്സ് ഈ മൂന്ന് കാര്യങ്ങള് മുള്ളുകളായിട്ട് നമുക്ക് ഫലം കൊടുക്കാൻ നമ്മളെ തടയും അതുകൊണ്ട് ഇവയ്ക്കെതിരെ നമ്മൾ ജാഗ്രത വേണം ഒന്ന് കോരിന്തേർ അഞ്ചാമധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഏർ സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ടാണ് നമ്മൾ ഉത്സവം ആചരിക്കേണ്ടത് ഇതിനു ഈ ആൻസൈറ്റിക്കും റിച്ച്നസ്സിനും പ്ലഷേഴ്സിനും പകരം നമുക്ക് എന്ത് വേണം നമുക്ക് സിൻസിയറിറ്റി വേണം അതുപോലെ ട്രൂത്ത്ഫുൾനെസ്സും വേണം സ്വച്ഛത എന്നുള്ളത് ഇംഗ്ലീഷിൽ നമ്മൾ സിൻസിയറിറ്റി എന്നാണ് പറയുന്നത് നമുക്ക് പൂർണ്ണതയല്ല നമ്മളെ ഉദ്ദേശിക്കുന്നത് പക്ഷെ നമുക്കൊരു സത്യസന്ധതയും നമുക്കൊരു ആത്മാർത്ഥതയും വേണം അതുണ്ടെങ്കിലേ നമുക്ക് പുളിപ്പില്ലാതെ സഭയിൽ നിൽക്കാനൊക്കെ ഉള്ളൂ എന്നാണ് ഒന്നുകോലിൻ്റെ അഞ്ചിൻ്റെ എട്ടിൽ പറയുന്നത് ഇവിടെ ഇതാ ഇതിൻ്റെ ഇവിടെ നമ്മൾ പതിനഞ്ചാമത്തെ വാക്യം ലൂക്കോസ് എട്ടിൻ്റെ പതിനഞ്ചിൽ നല്ല മണ്ണിൽ വീണത് എങ്ങനാണ് നൂറുമേനി ഫലം കൊടുക്കാൻ കഴിയുന്നത് കാരണം അത് കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഗുണമുള്ള നല്ല ഹൃദയം എന്ന് മലയാളത്തിൽ വായിച്ചാൽ നമുക്കത്ര വ്യക്തമാവുകയില്ല എന്നാൽ ലൂക്കോസ് എട്ടിൻ്റെ പതിനഞ്ച് ഇംഗ്ലീഷിൽ വായിച്ചാൽ അവിടെ ഹോണസ്റ്റ് ആൻഡ് ഗുഡ് ഹാർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഹോണസ്റ്റ് സത്യസന്ധത ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് പൂർണ്ണത പെർഫെക്ഷൻ അല്ല നമ്മളോട് ആവശ്യപ്പെടുന്നു മറിച്ച് എന്താ സത്യസന്ധതയാണ് നമുക്കൊരു തെറ്റ് പറ്റിയാൽ തെറ്റുപറ്റി എന്ന് സമ്മതിക്കുക ഹോണസ്റ്റ് ആൻഡ് ഗുഡ് ഹാർട്ട് അത് നേരത്തെ നമ്മൾ പറഞ്ഞത് സിൻസിയർട്ടി ആൻഡ് ട്രൂത്ത്ഫുൾനെസ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരു ഹോണസ്റ്റ് ആൻഡ് ഗുഡ് ഹാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഗുണമുള്ള നല്ല ഹൃദയം നമുക്കുണ്ട് നമുക്ക് ക്ഷമയോടെ ഫലം കൊടുക്കാൻ കഴിയും അതുപോലെ തന്നെ നമുക്കൊരു സിൻസിയറിറ്റിയും ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടെങ്കിലും നമുക്ക് സഭയിൽ നിലനിൽക്കാനായിട്ട് കഴിയും സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് ഉത്സവം ആചരിക്കാനായിട്ട് നമുക്ക് കഴിയും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് സഭയില് നിലനിൽക്കുന്ന ആളുകളാണ് സഭയിൽ നിലനിൽക്കുമ്പോൾ തന്നെ രണ്ട് തരത്തിലുള്ളവർക്ക് അവിടെ നിൽക്കാം മുള്ളിനിടയിൽപ്പെട്ട് പൂർണമായി ഫലം കൊടുക്കാത്ത ആളുകളാണോ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഒരു ആശങ്കകളും ധനത്തിന്റെ വഞ്ചനയും സംസാരഭോഗങ്ങളും ആയിരിക്കാം ഫലം കൊടുക്കാൻ തടസ്സമായിട്ടുള്ളത് പകരം നമുക്ക് പൂർണ്ണമായിട്ട് ഫലം കൊടുക്കുന്നവരാകാം സത്യസന്ധതയും നന്മയും ഉള്ളവരായിട്ടായിരിക്കാം സ്വച്ഛതയും സത്യവും ഉള്ളവരായിട്ടായിരിക്കാം ദൈവം ഇതാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് കർത്താവായ യേശു പ്രകൃതി ശക്തിയുടെ മേൽ അധികാരമുണ്ട് എന്നുള്ള ഒരു രംഗം അത് തെളിയിക്കുന്ന ഒരു സംഭവം നമ്മൾ തുടർന്ന് കാണുന്നുണ്ട് അതിൻ്റെ ഇരുപത്തിരണ്ട് മുതല് ലൂക്കോസ് എട്ടിൻ്റെ ഇരുപത്തിരണ്ട് മുതല് ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളില് കർത്താവ് സഞ്ചരിച്ചിരുന്ന പടക് മുങ്ങുമെന്നുള്ള മട്ടില് കാറ്റും കോളും വന്നു ശിഷ്യന്മാർ പടകിൽ ഉറങ്ങിക്കിടന്നിരുന്ന കർത്താവിനെ ഉണർത്തി കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കോളിനെയും ശാസിച്ചു അത് അമർന്ന് വലിയ ശാന്തത വന്നു അങ്ങനെ പ്രകൃതിശക്തികളോടെ കർത്താവ് കൽപ്പിക്കുകയും പ്രകൃതി ശക്തികൾ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു രംഗമാണ് അവിടെ നമ്മൾ വായിക്കുന്നത് തുടർന്ന് അതിൻ്റെ ഇരുപത്തി മുതൽ ഇരുപത്തി മുതൽ അതിൻ്റെ മുപ്പത്തി വരെയുള്ള വാക്യങ്ങളിൽ ഒരു വലിയ ഭൂതഗ്രസ്ഥനെ കർത്താവ് സൗഖ്യമാക്കുന്നതാണ് ഭൂതങ്ങള് കർത്താവിന് ആ നിലയിൽ കീഴടങ്ങുന്നതാണ് ഒട്ടേറെ ഭൂതങ്ങൾ ഉണ്ടായിരുന്ന ഒരുവൻ അവന് സൗഖ്യമാകുന്നു ഭൂതങ്ങൾ കർത്താവിനെ അനുസരിക്കുന്നു ഇതാണ് ആ രംഗത്ത് നിന്ന് നമ്മൾ കാണുന്നത് അടുത്തതായിട്ട് രോഗങ്ങൾ കർത്താവ് കർത്താവിന് കീഴടങ്ങി ആ നിലയിൽ കർത്താവിൻ്റെ ഒന്ന് തൊട്ട ഒരാളിനുപോലും രോഗസൗഖ്യമുണ്ടാകുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്ന ഒരു രംഗം അതിൻ്റെ നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി വരെയുള്ള വാക്യങ്ങളിൽ രക്തസ്രവക്കാരി സ്ത്രീയെ സൗഖ്യമാക്കിയതാണ് രോഗത്തിൻ്റെ മേലെ കർത്താവിന് ശക്തിയുണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന സംഭവം മാത്രമല്ല അതിൻ്റെ അവസാന പാരഗ്രാഫിലേക്ക് വരുമ്പോൾ നാൽപ്പത്തൊൻപത് മുതൽ അൻപത്തി ആറ് വരെയുള്ള ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇതാ പള്ളിപ്രമാണിയുടെ മകള് മരിച്ച മകളെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു ആ രംഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കർത്താവിന് നിലയിൽ മരണത്തിൻ്റെ മേൽ ശക്തിയുണ്ട് കണ്ടോ അപ്പൊ പ്രകൃതി ശക്തികളുടെ മേൽ കർത്താവിന് അധികാരമുണ്ട് ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ട് രോഗങ്ങളുടെ മേൽ അധികാരമുണ്ട് മരണത്തിൻ്റെ മേൽ അധികാരമുണ്ട് ഇതാണ് നാല് സംഭവങ്ങളിലൂടെ ഈ ലൂക്കോസിൻ്റെ സുശേഷം എട്ടാമധ്യായത്തിൽ തുടർന്ന് വിശദമാക്കുന്നത് പക്ഷേ നമ്മളിവിടെ കാണുന്ന ഒരു കാര്യം പ്രകൃതി ശക്തികൾ കർത്താവിൻ്റെ ഒരു വാക്കിന് കീഴടങ്ങി ഭൂതങ്ങൾ കർത്താവിൻ്റെ ഒരു വാക്കിന് കീഴടങ്ങി രോഗം കർത്താവിനെ ഒന്ന് തൊട്ടപ്പോഴെ കീഴടങ്ങി യായിറോസിൻ്റെ മകളുടെ മരണത്തിൽ നിന്ന് കർത്താവ് എഴുന്നേൽപ്പിച്ചു ഒരു വാക്കുകൊണ്ട് എഴുന്നേൽപ്പിച്ചു ആ നിലയിൽ അവളെ മുന്നോട്ട് കൊണ്ടുവരുന്നു പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വാക്കിനു മുമ്പാകെ പ്രകൃതി ശക്തികൾ കീഴടങ്ങുന്നു ഭൂതങ്ങൾ കീഴടങ്ങുന്നു രോഗങ്ങൾ കീഴടങ്ങുന്നു മരണം കീഴടങ്ങുന്നു പക്ഷെ മനുഷ്യൻ മാത്രം യേശുവിൻ്റെ വാക്കിനെ ഇന്ന് നിരസിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് എത്ര വലിയ വൈരുദ്ധ്യമാണത് മനുഷ്യന് യഥാർത്ഥ ഒരു ബോധ്യത്തിലേക്ക് ഭൂതങ്ങൾക്കുള്ള തിരിച്ചറിവിലേക്കെങ്കിലും മനുഷ്യൻ വന്നിരുന്നെങ്കിൽ അവരിൽ പലരും എന്നേ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുമായിരുന്നു അല്ലെങ്കിൽ ഈ പ്രകൃതി ശക്തികളെ നിലയിൽ കർത്താവിൻ്റെ വാക്കിന് കീഴടങ്ങിയിരുന്നെങ്കിൽ അവർ കർത്താവിനെ അനുസരിക്കുമായിരുന്നു ഈ കാര്യങ്ങളാണ് നമ്മൾ അവിടെ കാണുന്നത് നമുക്ക് വളരെ വേഗത്തിൽ ഇവിടെ ഈ രംഗത്ത് ഈ ഭൂതഗ്രസ്തൻ്റെ സൗഖ്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം അതിൻ്റെ ഇരുപത്തിയാറ് മുതൽ ഏർ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യത്തിലാണ് ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ അവന് ശവക്കല്ലറകളിലായിരുന്നു പാർപ്പ് വസ്ത്രം ധരിക്കാതെ വീട്ടിലെങ്ങും പോകാതെ എല്ലാവർക്കും ഒരു ഭീഷണിയായിട്ട് എല്ലാവർക്കും ഒരു പേടി ആ ഗദരദേശത്തുണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ അവന് കർത്താവിനെ കാണുന്നു കർത്താവ് എന്തു ചെയ്യുന്നു അവന് ഭൂതങ്ങള് കർത്താവ് പുറത്താക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പൊ ഭൂതങ്ങൾ പറഞ്ഞു ഞങ്ങളെ പുറത്താക്കുന്നെങ്കില് ഈ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമെന്ന് പറഞ്ഞു കർത്താവ് ഭൂതങ്ങളുടെ അപേക്ഷ കൈകൊണ്ട് പന്നിക്കൂട്ടത്തിലേക്ക് ഈ ഭൂതങ്ങളെ അയച്ചു ഉടനെ ആ പന്നിക്കൂട്ടം എല്ലാം കൂടെ തടാകത്തിലേക്ക് പാഞ്ഞ് വീണ് വെള്ളത്തില് ചാടി വീർപ്പ് മുട്ടിച്ചത്തു ഈ സംഭവിച്ചത് പന്നികളെ മേയ്ക്കുന്നവര് കണ്ടപ്പോ അവർ ചെന്ന് അതിൻ്റെ ഉടമസ്ഥരോട് പറഞ്ഞു ആ നാട്ടിലുള്ളവർ വന്ന് കർത്താവിനോട് കർത്താവിനെ കണ്ടു പ തങ്ങളുടെ പന്നികൾ ചത്തതും എന്നാൽ ഈ ഭൂതഗ്രസ്ഥൻ സൗഖ്യം പ്രാപിച്ച് സുബോധത്തോടെ വസ്ത്രം ധരിച്ച് കർത്താവിൻ്റെ കാലത്ത് ഇരിക്കുന്നതും അവരെല്ലാം കൂടെ അപേക്ഷിച്ചു കർത്താവ് ഞങ്ങളെ വിട്ടു പോകണമെന്ന് അപേക്ഷിച്ചു കർത്താവ് അതനുസരിച്ച് അവിടെ വിട്ടു പോകുന്നു ഗീതാഭൂതങ്ങൾ വിട്ടുപോയ ആൾ കർത്താവിനോടുകൂടെ ഇരിപ്പാൻ അനുവാദം ചോദിച്ചു അതിന് കർത്താവ് നീ വീട്ടിൽ ചെന്ന് ദൈവം നിനക്ക് ചെയ്തതൊക്കെയും വീട്ടുകാരെ അറിയിക്കുക എന്ന് പറഞ്ഞ് അവനെ അയച്ചു അവനെ പട്ടണത്തിൽ എല്ലാം പോയി എല്ലായിടവും കർത്താവിനെക്കുറിച്ച് സാക്ഷിച്ചു എന്ന് പറഞ്ഞാണ് ആ പാരഗ്രാഫ് അവസാനിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് നാല് രംഗത്ത് ഇവിടെ അപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു ഒന്നാമത് അതിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യമാണ് ലൂക്കോസ് എട്ടിന്റെ ഇരുപത്തെട്ട് യേശുവിനെ കണ്ടപ്പോ ആ കല്ലറയിൽ നിന്ന് വന്ന ഭൂതഗ്രസ്തൻ എന്തോ പറഞ്ഞു യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്നെ ഉപദ്രവിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് ഉറക്ക പറഞ്ഞു അപ്പൊ അവന്റെ അപേക്ഷ എന്താ അവനെ ഉപദ്രവിക്കരുതേ കർത്താവ് എന്തോ ചെയ്തു കർത്താവ് അവനെ ആ നിലയില് അവന്റെ അപേക്ഷ കേട്ടു അവന് അവനെ ഉപദ്രവിക്കാതെ അവനെ സൗഖ്യത്തിലേക്ക് നടത്തുകയാണ് ചെയ്തത് അവന് അവന്റെ അപേക്ഷ കർത്താവ് കേട്ടു എന്ന് നമുക്ക് പറയാം അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഭൂതങ്ങളുടനെ ഏർ ഭൂതങ്ങള് അവനിലുണ്ടായിരുന്ന ഭൂതങ്ങള് പാതാളത്തിലേക്ക് പോകുവാൻ തങ്ങളോട് കല്പിക്കരുതേ എന്ന് അവനോട് അപേക്ഷിച്ചു അവിടെ അപേക്ഷിച്ചു എന്നാണ് കാണുന്നത് എന്നിട്ട് അവരെന്താ പിന്നെയും തുടർന്ന് എന്താ അപേക്ഷിക്കുന്നത് മുപ്പത്തിരണ്ടാം വാക്യത്തിൽ പകരം പാതാളത്തിലേക്ക് അയക്കാതെ ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ എന്നവ വീണ്ടും അപേക്ഷിച്ചു അപ്പൊ രണ്ടും മൂന്നും അപേക്ഷ ആരുടേതാണ് ഈ ഭൂതങ്ങളുടെ അപേക്ഷയാണ് ഈ ഭൂതങ്ങളുടെ അപേക്ഷയും കർത്താവ് കൈക്കൊണ്ടു നാലാമത്തെ അപേക്ഷ ആരുടേതാണ് അതാ മുപ്പത്തേഴാമത്തെ വാക്യത്തിൽ ഈ ഗരസൈന്യദേശത്തിലെ ജനസമൂഹം എല്ലാം ഭയപരവശരായി തങ്ങളെ വിട്ടുപോണേ എന്ന് അവനോട് അപേക്ഷിച്ചു അവൻ എന്ത് ചെയ്തു ആ അപേക്ഷ കൈക്കൊണ്ടു എന്നാൽ ഒടുവിലായിട്ട് അതിൻ്റെ മുപ്പത്തി വാക്യത്തിൽ ഭൂതങ്ങൾ വിട്ടുപോയി സൗഖ്യം വന്ന ആള് ഇനി കർത്താവിൻ്റെ കൂടെ എവിടെയും വരാനായിട്ട് ഏർ എന്നെ അനുവദിക്കണം എന്നപേക്ഷിച്ചപ്പോ കർത്താവ് അതുമാത്രം അനുവദിച്ചില്ല ഞാൻ പറഞ്ഞത് വ്യക്തമായോ എന്ന് എനിക്കറിഞ്ഞുകൂടാ ഇവിടെ ഈ ഭൂതഗ്രസ്തൻ എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു കർത്താവ് ആ അപേക്ഷ കേട്ടു ഭൂതങ്ങളുടെ അപേക്ഷ കേട്ടു പാതാളത്തിൽ അയക്കരുത് പന്നിക്കൂട്ടത്തിലയക്കണം ഈ അപേക്ഷ കർത്താവ് സ്വീകരിച്ചു അതുപോലെ തന്നെ നാട്ടുകാരുടെ അപേക്ഷ അതൊട്ടും ശരിയായ അപേക്ഷയല്ല ആ നാടിന്റെ പേടി സ്വപ്നമായ ഒരാളെ സൗഖ്യമാക്കിയതാണ് അങ്ങനെയുള്ള കർത്താവിനെയോട് അവര് പറയുക നീ ഇവനെ സൗഖ്യമൊക്കെ ആക്കിയിരിക്കും ഞങ്ങൾക്ക് പക്ഷെ ഇവനേക്കാൾ പ്രധാനം ഞങ്ങളുടെ പന്നികളായിരുന്നു നീ ഇവിടെ നിന്നാൽ ഇനിയും ഞങ്ങൾക്ക് നാശനഷ്ടങ്ങൾ വരും അതുകൊണ്ട് ദയവായിട്ട് ഞങ്ങളെ വിട്ടു പോകണം നോക്കുക ആ നാട്ടുകാരുടെ ഹൃദയ നോക്കുക ശരിക്ക് അവര് അങ്ങനെ പറഞ്ഞപ്പോ കർത്താവ് അത് നമ്മുടെ നോട്ടത്തിൽ കർത്താവ് ഈ നാട്ടുകാരുടെ അപേക്ഷ കേൾക്കരുതായിരുന്നു നമ്മുടെ നോട്ടത്തിൽ ഭൂതങ്ങളുടെ അപേക്ഷയോ ഭൂതഗ്രസ്ഥൻ്റെ അപേക്ഷയോ ഒന്നും കേൾക്കരുതായിരുന്നു കർത്താവ് മറിച്ച് ആറരപേക്ഷ കേൾക്കണമായിരുന്നു ഭൂതങ്ങൾ വിട്ടുപോയ ആള് കർത്താവിൻ്റെ കൂടെ നടന്ന് കർത്താവിനെ സാക്ഷിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് ആ നിലയിൽ വലിയ മൈലേജ് ഉണ്ടാക്കാൻ അവനെ അനുവദിക്കേണ്ടതായിരുന്നു അവന്റെ അപേക്ഷയായിരുന്നു കേൾക്കേണ്ടത് എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ ഭാഗം വായിച്ചാൽ ചിന്തിക്കുക എന്നാൽ കർത്താവ് എന്ത് ചെയ്തു കർത്താവ് ഭൂതങ്ങളുടെ അപേക്ഷ കേട്ടു നാട്ടുകാരുടെ തെറ്റായ അപേക്ഷ കേട്ടു പക്ഷെ സൗഖ്യമാക്കിയവൻ്റെ സൗഖ്യം ലഭിച്ചവൻ്റെ ഞാൻ നിന്നോടൊപ്പം എല്ലായിടത്തും വന്നോളാം എന്ന് പറഞ്ഞ ആ നല്ല അപേക്ഷ നമുക്ക് തോന്നുന്നത് കർത്താവ് അനുവദിച്ചില്ല എന്തുകൊണ്ട് അനുവദിച്ചില്ല കർത്താവിനറിയാം അവൻ വളരെ നാളായി വീട് വിട്ടു വന്നവനാണ് ഇപ്പോഴും അവൻ അവൻ്റെ വീട്ടിൽ അവനെക്കുറിച്ച് ആവശ്യമുണ്ട് അവൻ്റെ നാട്ടിൽ അവന് സാക്ഷ്യം പറയണം അവൻ ഇവിടെ ആയിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ കർത്താവ് അവന്റെ അപേക്ഷ മാത്രം കേട്ടില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ചില അപേക്ഷകള് കർത്താവ് കേൾക്കാതിരിക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മളെ കുറിച്ച് ഒരു ആ നിലയിലുള്ള ഒരു വലിയ നമ്മളെ ഒരു വിചാരമുണ്ട് നമ്മുടെ ആത്യന്തിക നന്മ ഉദ്ദേശിച്ചാണ് നമ്മുടെ ചില അപേക്ഷകൾ കേൾക്കാതിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ മറ്റു പലരുടെയും നല്ലതല്ലാത്ത അപേക്ഷകളൊക്കെ കർത്താവ് കേട്ടായിട്ട് നമുക്ക് തോന്നും നമ്മുടെ നല്ല അപേക്ഷ മാത്രം കർത്താവ് കേട്ടില്ലല്ലോ എന്നാണോ സഹോദര സഹോദരി നീയെ പറയുന്നത് അങ്ങനെ ചിന്തിക്കല്ലേ ഒരു കാര്യത്തിന്റെ തുടക്കത്തിൽ തന്നെ അതിന്റെ അവസാനം അറിയാവുന്ന ആത്യന്തികമായ നന്മ എന്താണെന്ന് അറിയാവുന്ന കർത്താവ് ചിലപ്പോഴും നിന്റെ ചില നല്ല അപേക്ഷ അനുവദിച്ചില്ല എന്ന് വരാം അത് ആത്യന്തികമായി നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നൊരു ആ ചിന്ത നമുക്ക് ഈ ഗതരദേശത്തെ ഭൂതഗ്രസ്ഥൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് കഴിയും കർത്താവായ യേശു ക്രിസ്തു താൻ എത്രയോ അത്ഭുതങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ വ്യക്തികളുടെ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വീടുമായുള്ള ബന്ധം ആ വീട്ടിലാണ് അവനെ ആവശ്യം അവന് വളരെ നാളായിട്ട് നടന്നപ്പോൾ ഒരു വിധവയെപ്പോലെ ആയിപ്പോയി അവൻ്റെ ഭാര്യ ഉണ്ടാവാം അനാഥരായിപ്പോയി അവൻ്റെ കുഞ്ഞുങ്ങളുണ്ടാകാം അവരോടൊപ്പം അവനായിരിക്കുന്നതാണ് നല്ലത് നോക്കുക കർത്താവിൻ്റെ ചിന്തകൾ കണ്ടോ ഇന്നാണെങ്കിൽ ആരെങ്കിലും ഒരാളെ സൗഖ്യമാക്കിയാൽ ആ സൗഖ്യം ലഭിച്ച ആള് തന്നെ സാക്ഷ്യം പറയട്ടെ എന്നല്ലേ പലരും കരുതുന്നത് കർത്താവ് പക്ഷെ അങ്ങനെയല്ല കരുതിയത് എന്നെക്കുറിച്ച് സാക്ഷ്യം എനിക്കാരുടെയും സാക്ഷ്യം വേണ്ട നിന്നെ നിന്റെ വീട്ടിലാണ് ആവശ്യം നിന്റെ നഗരത്തിലാണ് ആവശ്യമെന്ന് പറഞ്ഞ് കർത്താവ് സൗഖ്യം ലഭിച്ചവനെ അവൻ്റെ ആ സ്ഥലത്തേക്ക് തന്നെ അവൻ്റെ വീട്ടിലേക്കും അവന്റെ നഗരത്തിലേക്കും തന്നെ വിടുന്നു അതാണ് അവൻ്റെ ആത്യന്തിക നന്മ എന്ന് മനസ്സിലാകുന്നു കർത്താവിൻ്റെ കരുണ നോക്കുക നമ്മുടെ ചില അപേക്ഷ കർത്താവ് കൈക്കൊണ്ടില്ലെങ്കിലും അതിൻ്റെ പിന്നിലുള്ള കർത്താവിൻ്റെ മനോഭാവത്തെ മനസ്സിലാക്കി നമുക്ക് കർത്താവിനെ സ്തുതിക്കുന്നവരായിരിക്കാം ദൈവം ഈ വചനങ്ങളാൽ നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ